ഭാഗവതത്തില് ഭഗവാനെ സ്തുതിക്കുമ്പോ പറഞ്ഞു ഭഗവാനെ അജ്ഞാനികൾ പറയണു അങ്ങയെ മായ മറയ്ക്കണു എന്ന് മായ എന്ന് പറയണു ഒരു സാധനമേ ഇല്ല ഭഗവാനെ എങ്ങനെ മറക്കാൻ പറ്റും അനാവൃതാത് ബഹിരന്തരം സർവസ് സർവാത്മന ആത്മവസ്തുന അങ്ങ് അനാവൃതനാണ് ആവരണം സാധ്യമല്ല സൂര്യനെ മേഘം മറിക്കോ അറിവില്ലാത്തവർ പറയണു സൂര്യനെ മേഘം മറച്ചു മേഘമുണ്ട് എന്നുള്ളത് അറിയണത് പോലും സൂര്യന്റെ വെളിച്ചം കൊണ്ടാ സൂര്യ വിളിച്ചില്ലെങ്കിൽ മേഘവും കാണപ്പെടില്ല അപ്പൊ മേഘമുണ്ട് എനിക്ക് അജ്ഞാനി എനിക്കൊന്നും അറിയില്ല ഞാൻ അജ്ഞാനിയാണ് എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയാ എങ്ങനെ പറഞ്ഞു ഈ മയക്ക് പറയില്ലല്ലോ നിങ്ങൾ പറയണമല്ലോ ആ അവബോധം തന്നെ ജ്ഞാനം അല്ലാതെ എന്തെങ്കിലും അറിയലല്ല പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും അറിയലല്ല അതൊരു തോട്ട് മാത്രാണ് ചിത്തവൃത്തി മാത്രാണ് അറിവും ഒരു ഒരു അഴുക്കാണ് അതൊരു മലമാണ് അറിഞ്ഞു അതൊരു ഡിസ്റ്റർബൻസ് കുറച്ചു നേരത്തേക്ക് നിൽക്കും പോയി അറിഞ്ഞു കഴിഞ്ഞു ഈ വേദാന്തജ്ഞാനം പോലും ശാഖാചന്ദ്രന്യായം പോലെയാണ് ചന്ദ്രൻ അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ ഒരു ശാഖ ഒരു മരത്തിന്റെ കൊമ്പ് കാണിച്ചു കൊടുത്തിട്ട് ഇതാ അവിടെ ചന്ദ്രൻ പറഞ്ഞ പോലെ ഈ ചിത്തവൃത്തികൾ ഇപ്പൊ കേൾക്കണ ജ്ഞാനം പോലും ആത്മാവനെ കാണിച്ചു തന്ന് മറഞ്ഞു പോവാണ് ചിദ്ഗർഭിണീ വൃത്തി സത്പ്രത്യഗർഭാവൃത്തി അതിങ്ങനെ സ്വരൂപജ്ഞാനത്തിനെ കൊടുത്തിട്ട് മറഞ്ഞു പോവാണ് ദുഃഖിപ്പോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ അതിപ്പോ എല്ലാവർക്കും മനസ്സിലാവുമോ നിങ്ങൾക്ക് മനസ്സിലാവുന്നു വേണ്ട സംഗീത കച്ചേരി കേട്ടപ്പോ അല്ലെ കേട്ടോളൂ കേട്ടോള മനസ്സിലാവുമ്പോ മനസ്സിലായിക്കോട്ടെ അറിഞ്ഞതൊക്കെ നമുക്ക് പ്രയോജനപ്പെട്ടുവോ എത്രയോ കാര്യങ്ങൾ അറിഞ്ഞു അല്ലേ അതൊക്കെ അറിഞ്ഞു അറിഞ്ഞു പോയി ഇത് നമ്മളെ ശാസ്ത്രമാണ് അതുകൊണ്ടാണ് ഇതിനെ ബ്രഹ്മവിദ്യാം യോഗശാസ്ത്രേ എന്ന് പറഞ്ഞു ബ്രഹ്മവിദ്യ എപ്പോഴാ യോഗശാസ്ത്ര ആവണത് എന്ന് വെച്ചാൽ ആ വിദ്യ എന്നില് യോഗമായിട്ട് മാറണം യോഗം നിങ്ങളിലാണ് വിദ്യ ഇവിടെ വിദ്യ ഇവിടെ നിന്ന് വരുമ്പോ ആ വിദ്യ നിങ്ങളില് സമാധി അനുഭവത്തിനെ കൊടുക്കണം സമാധി അനുഭവം എന്ന് വെച്ചാൽ ആത്മാവിന്റെ സ്വരൂപജ്ഞാനം എന്നർത്ഥം തെറ്റിദ്ധരിക്കരുത് സമാധി എന്ന് വെച്ചാൽ ട്രാൻസ് ആണെന്ന് ധരിക്കരുത് ഒരു സുഖത്തിനായിട്ട് കുറച്ച് യോഗശാസ്ത്രം പഠിച്ച ആളുകളുടെ സുഖത്തിനായിട്ട് ഞാൻ ആ വാക്കുപയോഗിക്കുന്നു പക്ഷെ അതൊരു ട്രാൻസ് ആണെന്ന് ധരിക്കരുത് സമാധി എന്ന് വെച്ചാൽ ആത്മാ എന്നാണ് ശങ്കരാചാര്യ ഗീതാഭാഷ്യം അതുകൊണ്ട് സമാധി എന്ന് വെച്ചാൽ നമ്മളുടെ സ്വരൂപത്തിനെ അറിവ് ശുദ്ധമായ ചിത്തിന്റെ തെളിവായ അനുഭവം അത് ഉപാധി സമ്പർക്കമില്ലാത്ത ചിത്ത് അതിനാണ് സമാധി എന്ന് പേര് ചിത് രൂപേണ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിസൂക്ഷ്മമായ വിഷയങ്ങളാണ് എങ്കിലും ഇതിന്റെ ഒക്കെ തന്നെ എസൻസ് ഒരു മന്ത്രം എന്ന് പറയണത് നമ്മള് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കണ ഞാൻ ഞാൻ ഞാൻ ഞാൻ പറയണു അതെന്താണ് അതിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരായുമ്പോ ആരായുകിൽ തിരകൾ നീരായിടുന്നു നാരായണ ഗുരുദേവന്റെ ഒരു കൃതിയാണെന്ന് അതിൽ ഒരു പാട്ടാണെന്ന് ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണിനാരായിരുന്നു കുടവും പാരായിരുന്നു ആരായുകിൽ തിരകൾ നീരായിടുന്നു തിര എന്താണ് ആരായുമ്പോ അത് ജലം മാത്രാണ് കടലും ജലമാണ് തിരയും ജലമാണ് തിരയെ അന്വേഷിക്കുമ്പോ തിര കടലിൽ പോയി ഫണി നാരായിടുന്നു പാമ്പെന്ന് വിചാരിച്ചു ലൈറ്റ് അടിച്ചു നോക്കുമ്പോ പാമ്പില്ലേ കയറേ ഉള്ളൂ കുടവും പാരായിടുന്നു കുടം കുടം എന്ന് പറഞ്ഞു അതെന്താ മണ്ണാണ് മണ്ണിനെ കുടം എന്ന് അത്ര തന്നെ എസെൻസ് നോക്കുമ്പോ ആ സത്ത ആ സത്തയെ കണ്ടെത്തുമ്പോ ആ സത്തക്ക് അഭാവമില്ല ഇത് ഗീതയുടെ സാരമാണ് ഭാവോ വിദ്യത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ രണ്ടാമത്തെ ചാപ്റ്റർ പറഞ്ഞിട്ട് പതിനേഴ് വർഷമായി ഇവിടെ പക്ഷെ ആ സമയത്തെ നാസത്തെ നാസത്തോ വിദ്യത്തെ ഭാവ എന്നുള്ള ശ്ലോകം ഞാൻ മൂന്ന് ദിവസം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗവർമെന്റ് മൂന്ന് ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശ്ലോകം സത്തിന് അഭാവമില്ല സത്തിനെ അറിയണതിന്റെ പ്രയോജനം എന്താന്ന് വെച്ചാൽ അഭാവമില്ലാത്ത ഒരേ ഒരു ലൊക്കേഷൻ ആണത് ബാക്കി എവിടെ നിന്നാലും ഇവിടെ ഈ ജമക്കാളത്തിൽ ഇരുന്നാൽ എട്ടര മണി കഴിഞ്ഞാൽ അവർ എഴുന്നേക്കൂന്ന് പറയും ജമക്കാലം വേണം എന്ന് പറയും അധിഷ്ഠാനമാണ് ഇപ്പൊ ഇരിക്കുന്ന അധിഷ്ഠാനമാണ് ഈ ടാപ്പ് ഈ തുണി അവർ എട്ടര മണി കഴിഞ്ഞാൽ തുണി വേണമെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകും എല്ലാം പോകും എവിടെയിരിക്കണോ അതൊക്കെ നിലംപൊത്തും മാറാതെ നിത്യമായിട്ട് നിൽക്കുന്ന ഒരു അധിഷ്ഠാനം ആത്മാത്രാണ് സത്ത് മാത്രാണ് അതിന് അഭാവമില്ല അത് തത്വദർശികൾ ദർശിച്ചിരിക്കുന്നു അർജുന നീയും തത്വദർശിനിമാശ്രിത്യ സ്വയമേവ തത്വദർശി ഭവ അവിടെ ഭഗവാൻ അങ്ങനെ ഭഗവാൻ ഗീതയിലെ അർജുന കൊടുക്കണ ഉപദേശം അതാണ് നീയും തത്വദർശിയായിട്ട് തത്വം ദ്രഷ്ടും ശീലം യേഷാം തേ തത്വദർശിനെ ദർശിക്കുന്ന ശീലം വളർത്തിയെടുക്കൃതി തന്നെ അങ്ങനെ മാറ്റിയെടുക്ക സത്സംഗത്തിൽ ഇങ്ങനെ ഊറണം ഈ കടുവുമാങ്ങ ഊറാൻ ഇട്ട പോലെ ഈ ഗീതയും ഭാഗവതമും വേദാന്ത വിഷയങ്ങളും ഒരാൾ ചോദിച്ചു എത്ര നേരം വേദാന്ത ശ്രവണം ചെയ്യണം മനനം ചെയ്യണം ചോദിച്ചു ഉറങ്ങാതിരിക്കുമ്പോഴൊക്കെ ചെയ്തോളായിരുന്നു അപ്പൊ ഉറക്കത്തിലെ കുറെ കഴിയുമ്പോൾ ഉറക്കത്തിൽ വന്നോളും മനസ്സിനെ ഇതിലെ സോപ്പ് പൊടിയിൽ തുണി മുക്കി വെക്കണ പോലെ മുക്കി വെച്ചുകൊണ്ടേയിരിക്കുക കുറെ കഴിയുമ്പോൾ സ്വഭാവമായിട്ട് ഇത് മാറും പ്രകൃതിയായിട്ട് മാറും നിങ്ങൾ ഇത് ചിന്തിക്കേണ്ട ആവശ്യമില്ല മനനം ചെയ്യേണ്ട ആവശ്യമില്ല ഇറ്റ് വിൽ ബിക്കം യുവർ നേച്ചർ അപ്പോഴാണ് അതിന്റെ ഫലം നമ്മളില് കണ്ടു തുടങ്ങുക അതിന്റെ ഫലം നമ്മളില് കണ്ടു തുടങ്ങുക അത് ഡൈജസ്റ്റ് ആയി അസിമിലേറ്റ് ആവുക അപ്പൊ ഇത്രയും ഉള്ള ഈ വേദാന്ത ശാസ്ത്ര ശ്രവണത്തിന് ഏറ്റവും മുഖ്യമായ ഒരു ക്വാളിഫിക്കേഷൻ അതെന്താണ് വെച്ചാൽ ശ്രദ്ധ വേദം പറഞ്ഞു തപസ്സുകൊണ്ട് ശ്രദ്ധ ഉണ്ടാവും ഒരു ഋഷിടെ അടുത്ത് ഒരാൾ ചോദിച്ചു എന്തിനാ സൂര്യൻ പ്രകാശിക്കണത് ചോദിച്ചു അപ്പൊ ഋഷി പറഞ്ഞു സൂര്യൻ പ്രകാശിക്കണത് മേഘത്തിനെ കടലിൽ നിന്നും മേഘമുണ്ടാക്കാനായിട്ട് മേഘം എന്തിനാ മഴ പെയ്യാൻ മഴ എന്തിനാ ഭൂമിയിൽ വൃഷ്ടി വന്ന് സെ ഓഷധി വനസ്പതികൾ ഉണ്ടാകാൻ ഓഷധിവനസ്പതികൾ എന്തിനാ ബലം വരാൻ ബലമെന്തിനാ തപസ്ത തപസ് എന്തിനാ ശ്രദ്ധ ഉണ്ടാവാൻ ശ്രദ്ധയെന്തിനാ ജ്ഞാനത്തിന് യാതിരശ്ഭസ്താഭി പർജന്യോ വർഷത്തി പർജന്യൻ ഓഷധി വനസ്പതയ പ്രജാൻ തേഷധി വനസ്പതിരന്നം അന്നേന പ്രണൈർബലസ് തദ്ധയാ മേധാ മേധയാ മനീഷ മനീഷയാ മനഃ മനസാ ശാതി ശാത്ത ചിത്തം ചിത് സ്മൃതി സ്മൃത്യാമാരക് സ്മാരെണ വിജ്ഞാനം വിജ്ഞാന ആത്മാനം വേദയ പടിപ്പടി പടിപടിയായിട്ട് സൂര്യൻ പ്രകാശിക്കുന്നു മേഘങ്ങൾ വൃഷ് വർഷിക്കുന്നു ഓഷധി വനസ്പതികൾ ഉണ്ടാവുന്നു ബലം ഉണ്ടാവണു തപസ്സുണ്ടാവുന്നു ശ്രദ്ധ ഉണ്ടാവണു മേധ ഉണ്ടാവണു വിജ്ഞാനം ഉണ്ടാവണു അതുകൊണ്ട് ആത്മാനം വേദയത്തി അപ്പൊ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് സൂര്യൻ പ്രകാശിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് മഴ പെയ്യണത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഊണം ആത്മസാക്ഷാത്കാരത്തിനാണ് ഈ ശരീരം ഭഗവാൻ തന്നിരിക്കണത് നമ്മൾ പഴയ സർക്കാർ സ്കൂൾ പോലെ വർഷക്കണക്കായിട്ട് ഇരുന്നോണ്ടേക്കണം അപ്പൊ ഭഗവാൻ കൃപ ചെയ്തിട്ട് ഗവൺമെന്റ് സ്കൂൾ ലോ പോലെ തന്നെ ഒരു ലോ കൊണ്ടുവന്നു കയറ്റി വിട്ടുകൊണ്ടേയിരിക്ക അങ്ങനെ മനുഷ്യ വരെ വന്നു മനുഷ്യ ശരീരം വരെ വന്നു ഇനിയിപ്പോ മനുഷ്യത്വം വരണം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ അല്ലെ മുമുക്ഷത്വം തന്നെ ശ്രദ്ധയാണ് അപ്പൊ ഈ ശ്രദ്ധ ഉള്ളില് ജാഗ്രതമാവുകയാണ് ഒരു കുട്ടി ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നു എനിക്ക് അമ്മയുടെ അടുത്ത് ആദ്യം ചോദിച്ചു സത്യകാമൻ എന്നാ കുട്ടിക്ക് പേര് കുട്ടിക്ക് പേരൊന്നും വെച്ചല്ലേ അമ്മ ശാന്തോഗ്യോപനിഷത്തിലെ കഥയാണ് ഈ കുട്ടി അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു അമ്മ എനിക്ക് എനിക്ക് ബ്രഹ്മചര്യത്തിനുള്ള സമയമായി ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ഗുരുകുലവാസം ബ്രഹ്മചര്യത്തിനുള്ള സമയമായി ബ്രഹ്മചര്യം ഭവതി വസാമി കിം ഗോത്രോഹമസ്മി എന്റെ ഗോത്രം എന്താണ് ഇനിയൊരു ഗോത്രം പറയുക ഇപ്പോൾ കുറച്ചൊക്കെ ബ്രാഹ്മണരുടെ ഇടയിൽ കുറച്ചുണ്ട് പണ്ട് കാലത്ത് എല്ലാവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഗോത്രം പറയാം ഇപ്പോഴും കർണാടകത്തിലൊക്കെ പോയാൽ ബ്രാഹ്മണർ മാത്രല്ല എല്ലാ ജാതിയിലുള്ളവരും ഗോത്രമൊക്കെ പറയും ഋഷികളുടെ ഗോത്രം ഇത്ര ഋഷികൾ ഇപ്പൊ ബ്രാഹ്മണർക്ക് തന്നെ ഇപ്പൊ ഗോത്രം നിശ്ചയില്ല ചൊല്ലപ്പെടാതെ ചൊല്ലേ ഒരുത്തരവൻ്റെ അഭിവാദീന്നാൽ തമിഴാട്ടിലെ പംസ്കൃതം ഇല്ലാത്തതിനാല ഉച്ച വേടിക്കാൻ യജുശാഖാത്യായി വരവേ വരാത് നെ യുഷാക്കാത്യായി ആപസ്തമ്പ സൂത്രം ആപസ്തമ്പ സൂത്രഹാവേ പടുത്തേരല അപ്പൊ ഗോത്രം പ്രവരം ഋഷികൾ ഇത്ര ഋഷികളുണ്ട് മൂന്ന് ഋഷി നാല് ഋഷി അഞ്ച് ഋഷി ഇങ്ങനെ ആ ഋഷികളിൽ നിന്ന് നമ്മൾ വന്നു എന്നുള്ളതിനെ ഓർമ്മിപ്പിക്കുന്ന ഗോത്രം അത് ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറയാ അപ്പൊ നമ്മളിപ്പോ പോയ ഐ ഡി കാർഡൊക്കെ ചോദിക്കണ്ടല്ലോ അല്ലേ ആധാർ കാർഡൊക്കെ ചോദിക്കണ്ട അതുപോലെ അപ്പൊ ഈ കുട്ടി അമ്മയോട് ചോദിക്കുകയാണ് അപ്പൊ അമ്മ പറഞ്ഞു എനിക്കറിയില്ല അച്ഛന്റെ ഗോത്രം എന്താണെന്ന് എനിക്ക് അറിയില്ല പേരും അറിയില്ല ഞാൻ ജബലയാണ് ശങ്കരാചാര്യ ഭാഷയത്തിലെ ആളുകൾ ഇതിനൊക്കെ പലവിധത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ കഥയ്ക്ക് പക്ഷെ ആചാര്യസ്വാമി ഭാഷയത്തിൽ പറഞ്ഞു അമ്മ പറഞ്ഞു അച്ഛന്റെ അടുത്ത് ഞാൻ ഒന്നും ചോദിച്ചില്ല അതിനു മുമ്പ് അച്ഛൻ മരിച്ചുപോയി ഞാൻ ഗോത്രമോ പേരോ ഒന്നും ചോദിച്ചില്ല ഇത്രയേ എനിക്ക് അറിയുള്ളൂ ഞാൻ ജബലയാണ് നീ സത്യമറിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നീ സത്യകാമനാണ് ജാബാല സത്യകാമനാണ് നീ ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറയൂ ഈ കുട്ടി ചെന്ന് ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഞാൻ ജാബാല സത്യകാമനാണ് എന്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു അമ്മയ്ക്ക് അറിയില്ല ആ ഗോത്രം അപ്പോ ഗുരു ഈ ശിഷ്യന്റെ ഉള്ളിലുള്ള ശ്രദ്ധാശക്തിയെ കണ്ടു സത്യമറിയാനുള്ള ജിജ്ഞാസ ബ്രഹ്മ ജിജ്ഞാസ ഈ കുട്ടിയുടെ ഉള്ളില് ഉണർന്നിരിക്കണം മേധ ഈ കുട്ടിയുടെ ഉള്ളില് ജാഗ്രതമായിരിക്കണം അതുകൊണ്ട് ഗുരു ഒരു തീരുമാനമെടുത്തു എന്താ തീരുമാനം എന്ന് വെച്ചാൽ ഈ കുട്ടിയെ സ്കൂളിൽ ഇരുത്തി പഠിപ്പിക്കരുത് തീരുമാനിച്ചു ഒരാൾ പറഞ്ഞു I have no time to, for education because I had to go to school. In the past few years, the people who are still living in the world are still living in the world. In the past few years, the people who are living in the world are still living in the world. ഗുരു കാര്യം ചെയ്തു ഏറ്റവും നല്ല കാര്യം എന്താ എന്ന് വെച്ച പശുവിനെ മേക്ക അന്നൊക്കെ നമ്മളുടെ ഇവിടെയൊക്കെ കുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കി ഇനി മാടുമേക്കത്താൻ പോണം അവിടെമ്പ ഇല്ല അത് രൂപ കൃഷ്ണൻ മാടുമേച്ചിരിക്ക സത്യകാമന മാടുമേക്കുതാ അനുപ്പറർ ഗുരു ഈ ഗുരു ഈ സത്യകാമനോട് പറഞ്ഞു ഇതാ കൊറേ ഈ പശുവിനേയും കൊണ്ട് കാട്ടിലേക്ക് പോവാ പശുവിനെ മേയ്ക്ക ഈ പശു ഒരുപാട് പശുക്കളുണ്ട് ഒരു പക്ഷെ ധാരാളം ആളുകളെ കൂടെ അയച്ചു എന്തോ അറിയില്ല എന്താണെന്നുവെച്ചാൽ പശുവിന്റെ എണ്ണം നോക്കുമ്പോ ആയിരം പശുക്കളായി കഴിഞ്ഞാൽ തിരിച്ചു വരൂ എന്നാണ് പറഞ്ഞത് അപ്പൊ ഗുരുകുലത്തുള്ള പശുക്കളെ ഒക്കെ ആക്കി കൊണ്ട് കാട്ടിൽ പോയി കാട്ടിൽ പോയപ്പോ സത്യകാമനാണവൻ വെച്ചാൽ അവൻ്റെ ഉള്ളില് സത്യത്തിനെ അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടായിരിക്കും ഇപ്പോൾ പല ആളുകൾ പറയണ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ ഇതിനകത്തുണ്ട് എന്താണെന്ന് വെച്ചാൽ പഠിച്ചാലേ അറിവ് എന്ന് വിചാരിക്കാം അങ്ങനെയല്ല ചിലർക്ക് പഠിക്കാതെ തന്നെ വരും ചിലരുടെ ഉള്ളിൽ അറിയാനുള്ള മേധാശക്തി ഉണർന്നു കഴിഞ്ഞാൽ ചെറിയ ഒരു ആവരണം അങ്ങോട്ട് ഉയർത്തി കഴിഞ്ഞാൽ ഉള്ളിലുള്ള അറിവ് മുഴുവൻ പുറത്തേക്ക് വരും അത് നമ്മൾ പൂർവ്വജന്മ ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും അത്രയേ ഉള്ളൂ ഈ സത്യകാമനെ കാട്ടിൽ പശുവിനെ മേക്കാനയച്ചു പശുവിനെ മേച്ചുകൊണ്ടിരുന്നു കൊറേ കാലം അങ്ങനെ ഇരുന്നു ഡിസ്റ്റർബൻസ് ഇല്ലാതെ പ്രകൃതിയുമായി രമിച്ച് വനത്തിലെ പശുക്കളുടെ കൂടെ കഴിഞ്ഞു കൊറേ കഴിഞ്ഞപ്പോ പശുക്കൾക്ക് അത്ര അതുകൊണ്ടാണ് സന്ധ്യാവന്തനം ചെയ്യണമെങ്കില് പശുതൊഴുത്തിൽ പോയിരുന്ന് ചെയ്യാ എന്ന് പറയും മഹാവാക്യ ഉപദേശമൊക്കെ ചിലപ്പോ പശുതൊഴുത്തിൽ ഇരുന്ന് ഉപദേശിക്കും ഗാന്ധിജി പാലക്കാട് വന്ന് കാഞ്ചി പരമാചാര്യരെ കണ്ടപ്പോ പശുതൊഴുത്തിൽ പശുവിനെ അടുത്ത് വെച്ചോണ്ട സംസാരിച്ചത് നമുക്കിപ്പോ പശു എന്താന്നേ നിശ്ചയില്ല ഇനിയിപ്പോ പശുവിനെയൊക്കെ എവിടെങ്കിലുമൊക്കെ കാണാനായിട്ട് പോവുക ആളുകൾ ഒരു പശു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് ആ നിലയിലാണ് പിരിക്കുന്നത് ഒരിടത്തും കേരളത്തിൽ പിന്നെ പശു അവര് തന്നെ പശുമായിട്ട് ഐക്യം പ്രാപിക്കണ ഒരു നാടാണ് പശുഖാദന്തേ പശവ ഇപ്പോ ഈ പശുവിനെ മേച്ചു കാട്ടിൽ ഇങ്ങനെ ഇരിക്കണു കൊറേ കഴിഞ്ഞപ്പോ ഉപനിഷത്ത് പറയണത് ഒരു പശു വന്ന് സത്യകാമന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങള് ആയിരമായി കഴിഞ്ഞു ഇപ്പൊ ചോദ്യം എന്താന്ന് വെച്ചാൽ ഇത് കുട്ടികളുടെ ചിത്രകഥയൊന്നും അല്ലല്ലോ കാർട്ടൂൺ ഒന്നും അല്ലല്ലോ ഉപനിഷത്താണ് പശു വന്ന് സത്യകാമന്റെ അടുത്ത് ഹേ സത്യകാമ ഞങ്ങള് ആയിരമായി കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ that is the height of education po oraal oru karyam padichu nnulladine telivu endanuchal valiya buddhimuttonum koodaade ayal kariyana karyam vaaraya oralku parnodukan communication adanu paryanathu mele nammal etthera thana communication skill undengilum nammalde basha arina varuke parnodukan pette ullu pakshe vaakkinte naalu paadangalum sparshicha oralkku ഒരു പ്രബലമായ ഭാഷ അയാളുടെ ഉള്ളിൽ ഉണ്ടാവും ഇടയ മലയാളത്തിലെ കവികളുള്ള കുമാരനാശാനെ മറ്റും പാട്ടുണ്ട് എല്ലാവരും മനസ്സിലാവുന്ന ഒരു ഭാഷ ഇതുവരെ കണ്ടില്ല എന്തോരം അങ്ങനെ ഒരു പാട്ട് കേട്ടണ്ട ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു മൊഴിയും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു മൊഴി അങ്ങനെ ഒരു ഭാഷ ഉണ്ട് അതാണ് നമ്മൾ മൗനം എന്ന് പറയണത് മൗനവ്യാഖ്യാപ്രകടിത പരബ്രഹ്മതത്വം ആളുകൾ വിചാരിക്കുന്നത് മൗനം എന്ന് വെച്ചാൽ വായടച്ച് മിണ്ടാതിര മൗനം എന്നാണ് അങ്ങനെയല്ല വായടച്ചിരുന്നാൽ അത് മൂക മൂക്കം അത് മൗനമല്ല മിണ്ടാതിരിക്കുന്നത് മൂകം എന്ന് പേര് മിണ്ടിയിട്ടോ മിണ്ടാതെയോ മിണ്ടാതെ തന്നെ കാര്യം ബോധിപ്പിക്കാൻ പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് മൗനം അത് വളരെ പ്രബലമായ വാക്കാണത് വാക്കിന്റെ നാലു പാദങ്ങളുമുള്ള വാക്കിനെയാണ് നമ്മൾ മൗനം എന്ന് പറയണത് മൗനം ഈസ് നോട്ട് വെർബൽ സൈലൻസ് മൗനം എന്നു വച്ചാൽ വാക്ക് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം പക്ഷെ വാസ്തവത്തിൽ മൗനം തന്നെയാണ് വാക്ക് വേദം വാക് എന്ന് പറയുന്നത് തന്നെ മൗനത്തിനെയാണ് മൗനമാണ് വാക്ക് ആ വാക്കിനെ ആര് അറിഞ്ഞിരിക്കുന്നു വാഗ്വിദാം വരം രാമായണത്തില് ആദ്യത്തെ ശ്ലോകം തന്നെ ഭാരതന് കൊടുക്കണ വിശേഷം വാഗ്വിദാം വരം വേദത്തിന് തന്നെ വാക് എന്നാണ് പേര് വേദം തന്നെ വാക്കാണ് അപ്പൊ വാക് എന്ന് വച്ചാൽ ശബ്ദബ്രഹ്മം അതിന് സെൽഫ് കമ്മ്യൂണിക്കേറ്റിംഗ് പവർ ഉണ്ട് അത് ശബ്ദമില്ലാതെ തന്നെ തൻ്റെ ആശയത്തിനെ മറ്റൊരാളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള അതിക്രമണ ശക്തി ഉണ്ട് അതിന് ആ സന്നിവേശിപ്പിക്കാനുള്ള ശക്തി ഉള്ളില് ജാഗ്രതമാവാനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ ശ്രദ്ധ പക്ഷെ ജാഗ്രതയായിട്ടില്ലെങ്കിൽ ചിലപ്പോ അലസിപ്പോവും അതുകൊണ്ടാണ് ആ ഗുരു ഈ ശിഷ്യനെ പറഞ്ഞ് കാട്ടിൽ പോയി പശുവിനെ മേക്ക കാരണം ഈ കുട്ടിയുടെ ഉള്ളിലെ അപൂർവമായ ഒരു പവർ ഡെവലപ്പ് ആയിരിക്കണു ഇനി അതിനെ വേറെ ഹെൽപ്പും വേണ്ട ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി അതുകൊണ്ട് പശുവിനെ മേക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് അയച്ചു കൊറേ കഴിഞ്ഞപ്പോ അത് ഡെവലപ്പായി എന്നുള്ളതിനുള്ള തെളിവെന്താണെന്ന് വെച്ചാൽ പശുവിനോട് സംസാരിക്കാൻ പറ്റി ഇപ്പൊ നമുക്ക് മനുഷ്യരോട് തന്നെ സംസാരിക്കാൻ വയ്യ മനസ്സിലാവണില്ല പറഞ്ഞല്ലേ പശു എന്ന് പറയാണ് ഞങ്ങൾ ആയിരമായി സത്യകാമാ ആശ്രമത്തിലേക്ക് തിരിച്ച് പാഠശാലയിലേക്ക് പുറപ്പെട്ടു പോകുമ്പോ ആദ്യത്തെ ദിവസം ഒരു പശു പറഞ്ഞു ഹേ സത്യകാമെന്നൊടിച്ചു ഒരു ഋഷഭം എന്തേ ബ്രഹ്മത്തിന്റെ ഒരു പാദം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം ആ പശു ബ്രഹ്മത്തിന്റെ ഒരു പാദം ഉപദേശിച്ചു കൊടുത്തു അടുത്തത് ഒരു കുളത്തിന്റെ കരയിൽ പോയിരുന്നപ്പോ ഒരു കുളക്കോഴി മദ്ഗു നോക്കൂ അറിവിന്റെ ഡെവലപ്മെന്റ് ആണ് ആ അറിവ് എവിടെ നിന്ന് വരണൂന്ന് അറിയില്ലയാണ് നമ്മള് തെളിയും തോറും നമുക്ക് അജ്ഞാനികളെ ലോകത്തിനില്ല എല്ലാം ആത്മാവാണ് എല്ലാം ഭഗവാനാണ് ചിലപ്പോ കല്ലു ഉപദേശിക്കും ചിലപ്പോ നായ ഉപദേശിക്കും ചിലപ്പോൾ കൊച്ചുകുട്ടികളിൽ നിന്നും ഉപദേശം വരും ഒരു ഗുരുവിന്റെ അടുത്തുനിന്ന് ഒരു പഠിച്ച ആളുടെ അടുത്തുനിന്ന് തന്നെ വരണമെന്നില്ല അത് സമ്പ്രദായം ചിലപ്പോൾ എവിടുന്നു ആ വരിക എന്ന് പറയാൻ വയ്യ പ്രൊവൈഡ് യു ഹാവ് ദാറ്റ് റിസപ്റ്റിവിറ്റി അത് വന്നു കഴിയുമ്പോൾ ശ്രദ്ധ ഉണർന്നു കഴിയുമ്പോൾ ശ്രദ്ധ ഉണർന്നിട്ടില്ലെങ്കിൽ ഹരിയതി ഉപദേശ ഉപദേഷ്ടാത്തെ ശിവഹ കമല സംഭവ ശ്രദ്ധയില്ലെങ്കിൽ വിഷ്ണു ഉപദേശിച്ചാലും ശിവൻ ഉപദേശിച്ചാലും ബ്രഹ്മാവ് ഉപദേശിച്ചാലും നീ അവിടെ തന്നെ ഇരിക്കും പറഞ്ഞു ഈ ശ്രദ്ധ ഉണർന്നു കഴിയുമ്പോൾ ആദ്യം പശു ഉപദേശിച്ചു പിന്നെ കൊളക്കോഴി പറഞ്ഞു ഹേ സത്യ ഞാൻ ബ്രഹ്മത്തിന്റെ ഒരു പാദം ഉപദേശിച്ചു തരാം പിന്നെ സമിതാധാന അഗ്നി ആദാനം ചെയ്തിരുന്നു പെട്ടെന്ന് അഗ്നി ഉപദേശിച്ചു ബ്രഹ്മത്തിന്റെ ഒരു പാദം ഉപദേശിച്ചു തരാം പാതന്ന് വെച്ചാൽ കാൽഭാഗം വൺ ഡയമെൻഷൻ വൺ ഫാസറ്റ് പിന്നെ ആകാശത്ത് നോക്കി ഒരു കൊക്ക് പറക്കുന്നു ബ്രഹ്മത്തിന്റെ ഒരു പാദം ഉപദേശിച്ചു തരാം നാല് പാദായി തിരിച്ച് പാഠശാലയിലേക്ക് വരുമ്പോ ഗുരുദൂരത്തുനിന്ന് ഈ കുട്ടി വരണത് കാണുന്നു സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഇപ്പൊ നമ്മൾക്കൊന്നും വിലയില്ല എവിടെ പോയാലും ഒരു കടലാസ് കാണിക്കുന്ന വരണത് മനുഷ്യനും ഒരു വിലയില്ല എല്ലാവരും കടലാസ് കാണിക്കുന്നതാണ് എവിടെ പോയാലും എയർപോർട്ടിൽ പോയാലും എവിടെ പോയാലും ഞങ്ങൾ പറയണു നിങ്ങൾ ബ്രഹ്മമാണ് എന്ന് പറയണു തത്വമസി ഗവൺമെന്റ് പറയണു നീ ടെററിസ്റ്റ് ആണ് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യൂ ഒരു കടലാസ് കാണിക്കുമെന്ന് ഈസ് ദർ എനി ഗ്രേറ്റർ ഇൻസൾട്ട് ടു ഹ്യൂമാനിറ്റി ദാൻ ആസ്കിംഗ് യു ഫോർ എ ക്രെഡൻഷ്യൽ ചോദിക്കാം നിങ്ങളൊക്കെ പത്രത്തില് എന്തൊക്കെയോ എഴുതണമല്ലോ ഇതൊക്കെ ചോദിക്കാം ഐ ഡി കാർഡ് ആധാർ കാർഡ് ടെററിസ്റ്റൊക്കെ ആദ്യം വാങ്ങിച്ചു വെക്കും നമ്മളാണ് ബുദ്ധിമുട്ട ഇവരൊക്കെ ആദ്യം അവർക്കൊക്കെ കൊടുത്തേക്കും നമ്മളൊക്കെ പിന്നെ ക്യൂവില് നിന്ന് ബുദ്ധിമുട്ടി എന്തു വിഷമാ ജനങ്ങൾക്ക് നമ്മളെ സുഖമായിട്ട് ഇരുത്താൻ വേണ്ടിന്ന് ധരിച്ചിട്ട് ഈ ഇന്റലക്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ നിയമവും നമുക്ക് ഒരു ഇരുമ്പഴി ആവണത് നോക്കിക്കൊള്ളാം ബന്ധാവണെന്ന് നോക്കിക്കൊള്ളാം വിഷമാവണെന്ന് നോക്കിക്കൊള്ളാം ഇതൊക്കെ വേണോ ഒന്ന് കുറച്ച് കുറച്ചായിട്ട് ചോദിക്കാം എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ചെലപ്പോ ഫ്രീ ആവും കുറെ ആളുകളുടെ ഉള്ളിൽ പോയാൽ മാറും എന്താണെന്ന് വെച്ചാൽ കൊറേ ആളുകളുടെ സങ്കല്പമാണ് ലോകേ ഇനി കൊറേ ആളുകൾ മാറ്റി സങ്കല്പിക്കുക ഒക്കെ മാറിക്കോളും എന്തും മാറും ഈ സത്യകാമൻ തിരിച്ചു ആശ്രമത്തിൽ വരുമ്പോ ഗുരു ഈ കുട്ടിയെ കണ്ടിട്ട് ചോദിക്കുകയാണ് ഹേ സത്യകാമ ബ്രഹ്മിഷ്ടാസി ബ്രഹ്മനിഷ്ഠനെ പോലെ പ്രകാശിക്കണമല്ലോ എനക്ക് ആരാ ഉപദേശിച്ച് ആ കുട്ടി പറഞ്ഞു ആരും മനുഷ്യരാരും ഉപദേശിച്ചില്ല ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ശ്രദ്ധയുണ്ടെങ്കില് എവിടെ നിന്ന് വേണമെങ്കിലും ഞാനും വരും ഞാനത് പൂർണമാക്കി തരാം ശ്രുതം ഹി ഭഗവത് ദൃശ്യ നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളുടെ അടുത്തുനിന്ന് കേട്ടിട്ടുണ്ട് ആചാര്യ विद्या വിദിത വിദ്യാധിഷ്ഠ ആചാര്യനിൽ നിന്ന് കിട്ടുന്ന വിദ്യയാണ് സാധിഷ്ഠമായിട്ട് തീരണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഉപദേശിച്ചു തരൂ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞു ഇതേപോലെ സത്യകാമനും ഒരു പരമ്പരയിൽ ഒരു ശിഷ്യൻ ഉപഗോശലൻ എന്തൊക്കെ ഉപനിഷത്തിൽ വരുന്ന കഥകളാണ് ആ കുട്ടിക്ക് ശ്രദ്ധയുണ്ടെന്ന് കണ്ടപ്പോൾ ഉപദേശില്ല കുറെ കാലം വെയിറ്റ് ചെയ്തു അവസാനം ഗുരു ആശ്രമത്തിൽ ഇല്ലാത്ത സമയത്ത് അഗ്നി ഉപദേശിച്ചു ഉപാസന ചെയ്യണ മൂർത്തി ഉപദേശിച്ചു അഗ്നി ഉപദേശിച്ചു വിദ്യാരണ്യസ്വാമികൾ പറയണു ഒരു മരത്തിനെ ഉപാസിച്ചാൽ മരം ഉപദേശിക്കും എന്നാണ് അഗ്നി ഉപദേശിച്ചു തിരിച്ചു വന്നിട്ട് ഗുരു ചോദിച്ചു കുട്ടി എന്താ എനിക്ക് ആരാ ഉപദേശിച്ചത് ചോദിച്ചു ഈ കുട്ടി പറഞ്ഞു ആരും ഉപദേശിച്ചില്ല അല്ല നീ ജ്ഞാനിയെ പോലെ പ്രകാശിക്കണു ബ്രഹ്മജ്ഞാനിയെ പോലെ പ്രകാശിക്കണം നിനക്ക് എന്തെങ്കിലും ഉപദേശം കിട്ടിയോ അപ്പൊ ആ പറഞ്ഞു ഒരു ദിവസം ഈ അഗ്നിയെ പരിചരണം ചെയ്യുമ്പോൾ ആ അഗ്നി ഇപ്പൊ കാണുന്ന പോലെ ആയിരുന്നില്ല അത്രയാണ് ആ കുട്ടി പറയണ ഉത്തരം അതിന്റെ ബ്യൂട്ടി അതാണ് ഈ അഗ്നി ഇപ്പൊ കാണുന്ന പോലെ ആയിരുന്നില്ല എന്നാണ് എന്നുവെച്ചാൽ അത് അലൗകികമായി എന്റെ മുമ്പിൽ ആവിർഭവിച്ച് മൂന്ന് വാക്ക് ഉപദേശിച്ചു കം ബ്രഹ്മ്രാണോ ബ്രഹ്മ എന്ന് ഉപദേശിച്ചു എന്നൊക്കെ ശ്രുതി ഞാനൊരു ഏകദേശ രൂപം എന്തിനാ പറയണതെന്ന് വെച്ചാൽ ഈ ശ്രദ്ധ എന്ന് പറയുന്ന ശക്തിയുടെ ബലം വൈദിക സമ്പ്രദായം സനാതനധർമ്മത്തിന്റെ മുഖ്യമായ ലക്ഷ്യം തന്നെ ഈ ശ്രദ്ധയാണ് നച്ചിക്കേതസ്സിന് കട്ടോപനിഷത്തില് ബ്രഹ്മവിദ്യ അറിയണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ഉപനിഷത്ത് പറഞ്ഞു ശ്രദ്ധാ വിവേഷ നച്ചിക്കേതസ്സിന്റെ ഉള്ളിൽ ശ്രദ്ധ കുതിച്ചു അപ്പോഴാണ് അച്ഛന്ന് ചോദിക്കുന്നത് അച്ഛൻ്റെ അടുത്ത് മൃത്യുവിൻ്റെ അടുത്ത് യമന്റെ അടുത്ത് ചെന്ന് ആത്മതത്വത്തിനെ ചോദിക്കണത് ശ്രദ്ധാശക്തി കൊണ്ടാണ് അപ്പൊ ആ ശ്രദ്ധ ത്രയവിഭാഗയോഗം അതാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ അധ്യായം പതിനേഴാമത്തെ അധ്യായം എന്താണെന്ന് വെച്ചാൽ അടുത്തത് ജ്ഞാനമാണ് പതിനെട്ടാമത്തെ അധ്യായം മുക്തിയാണ് മോക്ഷസന്യാസ യോഗം അതിന് തൊട്ടു മുമ്പാണ് ഈ ശ്രദ്ധ ഈ ശ്രദ്ധയാണ് നമ്മളുടെ ഉള്ളിലുള്ള ഫ്യൂവൽ മൈൻഡിന്റെ മോസ്റ്റ് റീഫൈൻഡ് സ്റ്റേറ്റ് ആണ് ശ്രദ്ധ എന്ന് പറയുന്നത് മനസിന്റെ ഏറ്റവും പ്യൂരിഫൈഡ് സ്റ്റേറ്റിനെയാണ് ശ്രദ്ധ എന്ന് പറയണത് നമ്മൾ ഉപാസന കർമ്മം ഇതൊക്കെ കൊണ്ട് ശുദ്ധമായ ചിത്രത്തില് ഈ ശ്രദ്ധാശക്തി ഉദിക്കണു ശ്രദ്ധാശക്തി ഡബിൾ ഫേസ്ഡ് ആണത് അത് എങ്ങനെയാന്ന് വെച്ചാൽ ഗുരു ഉപദേശിക്കുമ്പോ നമുക്ക് ശ്രദ്ധയില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗുരുവിന്റെ മുഖത്തു നോക്കിയിരിക്കും മാക്സിമം പറയണ വാക്കുകളെ ഗ്രഹിക്കും അർത്ഥം ഗ്രഹിക്കും ഈ ശ്രദ്ധ കുതിക്കുമ്പോ പറയണ വാക്ക് അകമയ്ക്ക് അനുഭവമായിട്ട് മാറും ഈ അനുഭവത്തിനെ കൊടുക്കാനുള്ള ശക്തി ഇതിനെ ശ്രദ്ധയെ തന്നെയാണ് കൃപ എന്ന് പറയുന്നത് അരുൾ തമിഴ് അരുൾ അരുൾ അരുളാലേ എവയും പാർ എ അറിയാതെ അറിവാലേ പാത്തേൻ പൊരുൾ കണ്ടതാൽ കണ്ട എനയും കണ്ടില്ലേൻ എന്നടി തോഴീ തായ്മാനവ സ്വാമികളുടെ പാട്ടാണ് കണ്ട എനയും കണ്ടില്ലേൻ എന്നടി തോഴി അരുളാലേ എവയും പാർ എറാൻ ഗുരു പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവണില്ല വേദാന്തവും മനസ്സിലാവണില്ല ഒന്നും മനസ്സിലാവണില്ല നീ എങ്ങനെയാ മനസ്സില എന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയാണ് അരുളാലേ പാറിയാൻ കൃപ കൊണ്ട് നോക്കൂ കൃപാശക്തി കൊണ്ട് നോക്കൂ എനിക്ക് ഈ അരുൾ എന്താണെന്നേ മനസ്സിലായില്ല ഇരുളാന പൊരുൾ കണ്ടതല്ലാൽ നോക്കുമ്പോ ഒക്കെ ഇരുട്ട് ഒന്നും ഉള് കണ്ണടച്ചിരുന്ന ഇരുട്ട് ഒന്നും അറിയണില്ല കണ്ട എന്നെയും കണ്ടില്ലേൻ ഞാനൊന്നും ഉള്ളിലൊന്നുണ്ട് എന്നൊക്കെ ശാസ്ത്രം പറയണു സാക്ഷിയായിട്ട് ദൃക്കായിട്ട് ഉള്ളിൽ ഉണ്ട് എന്ന് പറയണു പക്ഷെ എനിക്കൊന്നും കാണാൻ വയ്യ എനിക്ക് അവിടെ ഒരു നിലനിൽപ്പേ ഇല്ല നല്ല ആഴമുള്ള വെള്ളത്തിലേക്ക് കയറിയ പോലെ ആഴമുള്ള സ്ഥലത്ത് പോയാൽ കാല് നിക്കില്ലല്ലോ വെള്ളത്തില് അതുപോലെ ഉള്ളില് പോയിട്ടൊരു നിലനിൽപ്പ് കിട്ടണില്ല ഒരു പിടി കിട്ടണില്ല ഇരുളാണപൊരു കണ്ടതല്ലാൽ കണ്ട എന്നയും കണ്ടില്ലേൻ എന്നടി തോഴി ഒരു സതീർത്ഥനോട് പറയുന്നതാണേ സഖാഭാവത്തോടെ ഞാൻ എങ്ങനെയാ എനിക്ക് ഇനിയും വസ്തു പിടികിട്ടില്ല അപ്പോ ആ അരുൾ കൃപ എന്ന് പറയുന്നത് തന്നെയാണ് ശ്രദ്ധ ഈശ്വരന്റെ കൃപ ഉണ്ടായാൽ ശ്രദ്ധ ഉണ്ടാവും ശ്രദ്ധ ഉണ്ടായാൽ കൃപ ഉണ്ടാവും എന്ന് വെച്ചാൽ വേദാന്ത നമ്മൾ തയ്യാറായി എന്നർത്ഥം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണെന്നർത്ഥം അല്ലാതെ ഈ കൃപ ഇന്ത്യയിൽ ജനിച്ച് ഋഷികൾ പരമ്പര പരമ്പരയായി ജനിച്ചിട്ട് മകൻ അമേരിക്കയിൽ കല്യാണം കഴിഞ്ഞ് പോണത് കൃപയൊന്നുമല്ല അത് പനിഷ്മെന്റ് ട്രാൻസ്ഫറാണ് അതോടെ എല്ലാം പോയി അവിടെ ജോലി കിട്ടി അതൊന്നുമല്ല അതൊക്കെ ലൗകികമായ ഉപകാരം കൃപ െ അറിയാനുള്ള ശക്തി ഉദ്ദീപ്തമാവുന്നു ഉദ്ദീപ്തമാവുമ്പോ ജീവൻ നിശ്രേയസത്തിന്റെ റോഡിലേക്ക് വന്നു കഴിഞ്ഞു ഒരലൗകികമായ റോഡ് ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ പറയുന്നു എത്രയോ പൂർവ സൂരികൾ നടന്നിട്ടുള്ള പാത രാജമാർഗം എനൈ യാതയോ തമേവ മാർഗം തവ നിർദ്ദാമി അതൊരു റോഡാണ് ത്രൂ വിച്ച് യു കൂവ് പുറത്തുള്ള റോഡല്ല അത് അഗമേക്ക് ഒരു സ്റ്റ്രീം തൊറക്കുണു ഒരു സ്രോതസ് ഓപ്പടൗണു ദയാനം യന ആക ഋഷയോ ആപ്തകാമാത്ര പരമം നിധാനം വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് സ്പീഡായിട്ട് ആ വഴിയിൽ പോകും യാത്ര ചെയ്യും ആ ദേവയാണത്തിൽ അകമേക്കുള്ള ആ സ്രോത്തോ എത്ര തത് സത്യസ്യ പരമം നിധാനം പന്ത്ര ദേവയാണ് അതൊരു ഹൈവേ ആണത് ആ സ്രോതസ്സുള്ളില് ഈ ശ്രദ്ധാശക്തി കൊണ്ട് ഉണരുകയാണ് ആ ശ്രദ്ധാശക്തിയെ കുറിച്ച് അർജുനൻ ചോദിക്കാൻ ഒരു കാരണമുണ്ടായി ആ ശ്രദ്ധാശക്തി ഉണ്ടാകുമ്പോ ആചരത്തി ആത്മന ശ്രേയ ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു ഹേ അർജുന മൂന്ന് ഡോറുണ്ട് നരകത്തിനുള്ള ഡയറക്റ്റ് ഗേറ്റ് വെരി അട്രാക്റ്റീവ് ഗേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ കാമഹ ക്രോധ തസ്മാത്രയം തൃജേത് അൺകോംപ്രമൈസിംഗ് ആയിട്ട് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു ത്രിവിധം നരകസ്യേതം ദ്വാരം നാശനം ആത്മന എനക്ക് നിന്നെ നശിപ്പിക്കാനുള്ള മൂന്ന് ദ്വാരങ്ങളാണ് കാമ ക്രോധ തഥാ ലോഭ കാമച്ചാൽ ഭോഗവാഞ്ച എത്ര കിട്ടിയാലും പോരാ പോരാ പോരാ ധർമ്മമില്ലാതെ ഭഗവാൻ പറഞ്ഞു മനുഷ്യന് സ്വഭാവത്തിൽ പ്രകൃതിയിൽ ആഗ്രഹമില്ലാതിരിക്കോ ധർമ്മത്തിന്റെ വരമ്പിനുള്ളിലുള്ള ആഗ്രഹമേ അർജുന ഞാനാണെന്ന് ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരദർഷ അപ്പൊ കാമം എന്ന് ശാസ്ത്രം പറഞ്ഞതൊക്കെ ധർമാതിക്രമണം ആഗ്രഹം വരുമ്പോ ഇന്നത്ത് തന്നെ ഒരു വരമ്പും ആഗ്രഹം വാസന പ്രകൃതി ഭോഗവാഞ്ച ക്രോധ അത് ദ്വേഷമാണ് അതുപോലെ ലോഭം കിട്ടിയാലൊന്നും പോരാ ഈ മൂന്നെണ്ണ ഉണ്ടോ നിങ്ങൾക്ക് വിസ പാസ്പോർട്ട് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നരകത്തിലേക്ക് പോവാം യു വിൽ ബി ടേക്കൺ ദർ ആസ് എ സ്റ്റേറ്റ് ഗസ്റ്റ് നരകത്തിലേക്ക് പിന്നെ ഇതൊക്കെ എത്രയോ ജന്മമായിട്ടുള്ള വാസന ആയതുകൊണ്ട് അവിടെ യു വിൽ ബി അറ്റ് ഹോം ഓൾസോ നല്ല പരിധി ഉണ്ടാവും ത്രിവിധം നരകസേതം ദ്വാരം അപ്പൊ ഭഗവാൻ പറഞ്ഞു ഏതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നുള്ള പിടിയാണ് വിമുക്തിയാണ് റിലീസ് ഫ്രം ഡിസയർ ഫ്രം ഡിസയർ ക്രേവിംഗ് ബുദ്ധൻ പന്ത്രണ്ട് വർഷം തപസ് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചത് ആശയാണ് ദുഃഖത്തിന് കാരണം ഭാഗവതത്തിൽ പറഞ്ഞു ആശ കൊണ്ട് നായ പോലെ അലഞ്ഞു നടക്കുന്നു മനുഷ്യൻ അവന് ആ നൈരാശ്യത്തിന്റെ സുഖത്തിന്റെ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പ അറിയാം ഇതിന്റെ കലാംനാർഹന് തിഷോടശീം ഇതിന്റെ ഒരു പതിനാറിലൊരംശം പോലും അത് വരില്ല കുതസ്തത് കാമലോഭേനധാവത കിട്ടിയതൊന്നും പോരാന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കുന്ന മനുഷ്യന് എവിടെ സുഖം വേണ്ട എന്ന് വെച്ചു അത് നോക്കൂ അതൊരു സ്പിരിച്വൽ ടെക്നിക്കാണ് പലരും ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റണില്ല ഞങ്ങൾക്ക് സ്പിരിച്വൽ പ്രോഗ്രസ് അധ്യാത്മമായിട്ട് പുരോഗതിയുണ്ട് അധ്യാത്മമായ പുരോഗതിക്ക് ഒരു മന്ത്രം പറഞ്ഞുതരാം എന്താ മന്ത്രം എന്ന് വെച്ചാൽ വേണ്ട എന്ന് പറയാം അത് പറഞ്ഞു നോക്കൂ നമ്മൾ പഠിക്കാത്തൊരു കാര്യം അതാണ് എന്തും വേണം അത് ഫ്രീ ആണെങ്കിൽ രണ്ടു കൈ നീട്ടും പോയിട്ട് അടുത്ത വഴിക്ക് വരും വരും അല്ലെ ഈ ഫ്രീ ആയിട്ട് കിട്ടണമെന്നൊക്കെ ദുഃഖമാണ് ശരീരം ഫ്രീ ആയിട്ട് കിട്ടി മനസ്സ് ഫ്രീ ആയിട്ട് കിട്ടി ദുഃഖമും ഫ്രീ ആയിട്ട് കിട്ടും വേണ്ട എന്ന് പറഞ്ഞു നോക്കൂ ഒരു നിർബന്ധമല്ല ഈശ്വരൻ എന്താ തരണം എന്ന് വെച്ചാൽ ശരി സുഖമാണെങ്കിൽ ശരി ദുഃഖമാണെങ്കിൽ ശരി ജനനാണെങ്കിൽ ശരി മരണമാണെങ്കിൽ ശരി ശരി എന്ന് വെച്ചാൽ നോട്ട് ദാറ്റ് യു അക്സെപ്റ്റ് ബട്ട് ദർ ഇസ് നോ അതർ വേ നിങ്ങൾ സ്വീകരിക്കുകയാണ് ഇന്റലിജൻസാണ് അത് ആഗ്രഹമില്ലായ്മ പറയണത് ഒരു വ്യാധിയല്ല ആളുകൾ വിചാരിക്കുന്നത് അത് വ്യാധിയാണെന്നാണ് ഈ ആഗ്രഹിക്കലാണോ വ്യാധി ഭർത്തൃഹരി പറഞ്ഞു ഇവൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ മുമ്പോട്ടും ഇല്ല കയ്യിലില്ല ഇനി വരാൻ പോണൂ അതാണ് ഇയാൾ ഉപേക്ഷിക്കും ഞാൻ ഇങ്ങനെ ഉപേക്ഷിക്കും ചോദിക്കണം സംപ്രാപ്തം പുരാ സമ്പ്രതി പ്രാപ്തവും ദൃഢപ്രത്യയാ ഞാൻ എങ്ങനെ ഈ ബംഗ്ലാവ് ഉപേക്ഷിക്കും എവിടെടോ ബംഗ്ലാ ഞാൻ കെട്ടും ശുക്രദശ വരും പത്ത് വർഷം കഴിഞ്ഞിട്ട് ആ ബംഗ്ലാവിനെ ഉപേക്ഷിക്കാം വയ്യാത്രയാൾക്കിപ്പോ എല്ലാം വിട്ടാൽ ഉള്ളെന്ന് ആഗ്രഹം വിട്ടാൽ ബംഗ്ലാവിലും ഇരിക്കാം മരത്തിന്റെ ചോട്ടിലും ഇരിക്കാം എവിടെ വേണമെങ്കിലും ഇരിക്കാം രാജാവായിട്ടും ഇരിക്കാം ആഗ്രഹം ഇല്ലാന്ന് വെച്ചാൽ ഭിക്ഷകാരനാവണമെന്നല്ല ഭിക്ഷകാരനും ആഗ്രഹമുണ്ട് തിരുവണ്ണാമലയില് പതുക്കെ പ്രദക്ഷിണം ചെയ്ത് നോക്കൂ ആ ഭിക്ഷക്കാര് വർത്തമാനം ഭരണത്തൊക്കെ കേട്ടു നോക്കൂ അവരുടെ സംസ്കാര സംസാരവും ഒന്നുണ്ടാവും അവർക്കും ഉണ്ട് നിയമങ്ങള് അവർക്കും ഉണ്ട് സ്ഥലത്തിൽ വേറെ ഇരുന്നാ പ്രശ്നമാവും ഭിക്ഷയ്ക്ക് ഇന്നലെ ഞാൻ പ്രദക്ഷിണം പോയി പോണ വഴിയില് രണ്ട് ഭിക്ഷക്കാരായ പിച്ചക്കാരണ ഒരു എന്ത് പൊറുപ്പെല്ലാം വേണ്ടാ മാപ്പാ അവിടേന്ന് എത്ര നേരം അവൻ അവൻ പയ്യ വെച്ചിട്ട് പോയിരിക്കും എടുത്തിട്ട് പോന എന്നത് അപ്പൊ പിച്ചക്കാരന്റെ ടെൻഷനാണ് നമ്മൾ വിചാരിക്ക പണക്കാരന് മാത്രേ സംസാരമുള്ളൂ എന്നല്ല എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ എല്ലാ സ്ട്രാറ്റലും പോയി നിന്ന് നോക്കിയാൽ എല്ലായിടത്തും തുല്യ ദുഃഖിതാഹ അജ്ഞാനുണ്ടോ എവിടെയാണെങ്കിലും ദുഃഖം ആത്മജ്ഞാനുണ്ടോ ജനകൻ ചക്രവർത്തി സമ്രാട്ട് യാജ്ഞവലിക്കൻ ഓരോ മന്ത്രത്തിലും സമ്രാട്ട് എന്നാണ് വിളിക്കുന്നത് സമ്രാട്ടായ ജനകൻ അഭയം വൈ ജനകപ്രാപ്തോസി പൂർണ്ണബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കാൻ അംബരീഷൻ ചക്രവർത്തി പൂർണ്ണബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കാൻ ഋഷുഖബ്രഹ്മ മഹർഷി മാത്രല്ല സുഖബ്രഹ്മ മഹർഷിയുടെ ബ്രഹ്മനിഷ്ഠയെ തന്നെ നിശ്ചയിക്കാനായിട്ട് ജനകന്റെ അടുത്താണ് പറഞ്ഞയക്കണത് വ്യാസഭഗവാൻ അതുകൊണ്ട് ആഗ്രഹമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ ജഡമായിട്ട് ഇരിക്കാന്നല്ല അപ്പൊ എന്തു വേണമെങ്കിലും ചെയ്യാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം കാരണം നിങ്ങൾക്കൊരു നിർബന്ധമില്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു നിങ്ങൾ ഫ്രീ ആണ് ഈ ബന്ധം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള നിർബന്ധാണോ ബന്ധം ആശയ ആശയ രണ്ടു ആശയം പറഞ്ഞു തൃമൂലത്തിൽ ആശയ ആശയൻ ഈശ്വനോട് ആകിലും ആശയ തെരികൊണ്ട് തീന്താരേ തിരുമൂലർ തിരുമന്ദിരത്തിലൊരു പാട്ടാണ്